ചുപ്രകാശനാജന്യൂപദ്വീക്ഷണക്ഷമം രൂപിഗ്രാഹീന്ദ്രിയാടിക്കോളും പാടിക്കോളും ചുപ്രകാശന അജന്യൂപവത് വീക്ഷണക്ഷമം അതിന്റെ ഒറിജിനൽ രൂപം താഴെ കൊടുത്തിട്ടുണ്ട് ചക്ഷു ആലോക അജന്യൂപിദ്രവ്യ സാക്ഷാത്കാരജനകം രൂപിദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയതായത് പദ്യത്തിൽ ചക്ഷു എന്നുണ്ട് അത് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചക്ഷുഹു അത് പക്ഷമാണ് ഇവിടെ പ്രകാശന അജന്യം എന്ന് പറഞ്ഞു പ്രകാശം എന്ന് വെച്ചാൽ പ്രകാശം അതിവിടെ കൊടുത്തു ആലോക അജന്യം അവിടെ രൂപവത്ത് എന്ന് കൊടുത്തതിവിടെ എന്തു കൊടുത്തു രൂപി രൂപവത്ത് എന്ന് പറയുമ്പോൾ മതുപ്പ് വന്ന് രൂപി എന്ന് പറയുമ്പോൾ ഇനി വന്നു മതുപ്രത്യങ്ങളാണ് രണ്ടിടത്തും അവിടെ എന്താണ് രൂപവത് വീക്ഷണം എന്ന് കൊടുത്തു വീക്ഷണക്ഷമെന്ന് പറഞ്ഞു ആ വീക്ഷണക്ഷമെന്നു പറഞ്ഞു ഇവിടെ അവിടെ രൂപവത്ത് എന്ന് പറഞ്ഞ രൂപമാസിയ സ്ഥിതി രൂപവത് ദ്രവ്യം ആ അർത്ഥം ഇവിടെ കൊടുത്തു എങ്ങനെ രൂപിദ്രവ്യം എന്നുള്ള അവിടെ രൂപവത് വീക്ഷണക്ഷമം രൂപവത് വീക്ഷണം അവിടെ വീക്ഷണത്തിന് എന്ത് കൊടുത്തു സാക്ഷാത്കാരം എന്ന് പറയുമ്പോ എന്തായി രൂപവത്തായ ദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം ക്ഷമം എന്ന് പറയുന്നത് ഇവിടെ ജനകവും കൊടുത്തു അപ്പൊ എന്തായി ചക്ഷവും പക്ഷം ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകം ആലോക അജന്യെന്ന് പറഞ്ഞാൽ ആലോകേന അജന്യം ആലോകത്താൽ ായ രൂപദ്രവ്യ സാക്ഷാത്കാര ജനകം രൂപിദ്രവ്യം എന്ന് പറഞ്ഞാൽ രൂപമുള്ള ദ്രവ്യം രൂപമുള്ള ദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം അതിന്റെ ജനകമാണ് ഏത് അത് ഇത്രയും മാത്രം എടുക്കുക രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകം അതെടുക്കുക രൂപമുള്ള ദ്രവ്യത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ജനകമാണ് ചു ഇതാണ് ഘടത്തെ എടുക്കുക ഘടം രൂപമുള്ള ദ്രവ്യമാണ് ഇപ്പോൾ രൂപമുള്ള ദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ പ്രത്യക്ഷം അതിന്റെ ജനകമാണ് ചക്ഷു സ്പഷ്ടമാണ് ഒരു വിശേഷം കൂടെ ചേർത്ത് എന്താണ് ആലോക അജന്യം ഈ ആലോക അജന്യം എന്ന് പറയുന്നത് എന്തിന്റെ വിശേഷണം സാക്ഷാത് വിശേഷണം സാക്ഷാത്കാരം രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ ആലോകജന്യവും ആലോകാജന്യവും ഇവിടെ ആലോക അജന്യമായ സാക്ഷാത്കാരത്തിന്റെ ജനകമാണ് എന്ത് ചുഹ ഇത്രയും മനസ്സിലാകുന്നു ജക്ഷിന്ദ്രിയെന്ന് പറയുന്നത് ആലോകജന്യമായ സാക്ഷാത്കാരമല്ല ആലോക അജന്യമായ സാക്ഷാത്കാരത്തിന്റെ ജനകമാണ് അപ്പോ ചക്ഷുസിലെന്ത് വരും ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം വന്നു ശരിക്കും മനസ്സിലാക്കിയാല് ഈ അനുമാനം ബാക്കി പറയുന്നതും മനസ്സിലാകത്തു ഇനി ഹേതു നോക്കുക രൂപിദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയത്വ അവിടെ പദ്യത്തിലങ്ങനെ രൂപിഗ്രാഹി ഇന്ദ്രിയത്വേന എന്ന് പറഞ്ഞു രൂപി എന്നുള്ളത് രൂപവാനെന്നുള്ള അർത്ഥത്തിൽ ഗ്രാഹി എന്ന് ശ്ലോകത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഗ്രാഹകം എന്ന് പറഞ്ഞു ഇന്ദ്രിയത്വമാണ് ഇന്ദ്രിയത്വം തന്നെ ഇതാണ് ഹേതു രൂപി എന്ന് പറഞ്ഞാൽ രൂപമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയം ആണ് രൂപ ദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയം രൂപമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയം ഉദാഹരണം ഘടത്തെടുക്കുക ഘടം രൂപമുള്ള ദ്രവ്യമാണ് ആ രൂപമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയമാണെന്ത്രിയം ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്ന എന്താണ് അപ്പോ ഇനിയും ദൃഷ്ടാന്തത്തിൽ ഹേതു കൊണ്ടോ എന്ന് നോക്കുക ത്വകേന്ദ്രിയം രൂപിദ്രവ്യ ഗ്രാഹകമാണോന്ന് നോക്കുക ൂമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കോ ഏത് ദ്രവ്യത്തെ അതായത് ദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയങ്ങൾ ബാഹ്യേന്ദ്രിയ രണ്ടാണ് ഏത് ചക്ഷിതേന്ദ്രിയവും അത് സാധാരണ രീതി പറഞ്ഞാൽ ചക്ഷുരേന്ദ്രിയങ്ങനെയുള്ളതാണ് ആലോകജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകം എന്നുവെച്ചാൽ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാവുന്ന രൂപിദ്രവ്യങ്ങളെന്ന് പറയുന്നത് പൃഥിവി അപ്പ് തേജസ് ഈ മൂന്നിനെ ഗ്രഹിക്കുന്നതിനെന്ത് വേണം ചക്ഷുന്ദ്രം വേണം അപ്പം ചക്ഷേന്ദ്രിയം എന്താണ് ആലോകജന്യമായ രൂപദ്രവ്യ സാക്ഷാത്കാരം അതെപ്പോഴും ഓർക്കണം ആലോക അജന്യം ജന്യം എന്ന് പറയുന്ന സാക്ഷാത്കാരത്തിന്റെ വിശേഷമാണ് ആലോകജന്യമായ പ്രത്യക്ഷത്തിന്റെ ജനകമാണ് അപ്പോ സ്വകേന്ദ്രിയത്തെ നോക്കുക അത് രൂപിദ്രവ്യ ഗ്രാഹകമായ ഇന്ദ്രിയമാണ് സ്വകേന്ദ്രിയ ഇന്ദ്രിയമാണ് അത് രൂപമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കുന്നതാണ് വേറെ ഏത് ഇന്ദ്രിയുണ്ട് രൂപമുള്ള ദ്രവ്യത്തെ ഗ്രഹിക്കുന്നത് ചക്ഷുഷയുള്ളു വേറൊന്നും പറ്റില്ല പിന്നെയുള്ള ഏതാണ് രസനേന്ദ്രിയം രസനേന്ദ്രിയെന്ന് പറയുന്നത് രസത്തെ ഗ്രഹിക്കും പിന്നെ ദ്രവ്യത്തെ ഗ്രഹിക്കത്തില്ല ഘ്രാണേന്ദ്രിയെന്ന് പറയുന്നത് ഗന്ധത്തെ ഗ്രഹിക്കും ദ്രവ്യത്തെ ഗ്രഹിക്കണേന്ദ്രിയെന്ന് പറയുന്നത് പിന്നെയുള്ള സ്വകേന്ദ്രിയാണ് എന്ത് ചെയ്യുന്നു ദ്രവ്യത്തെയും ഗ്രഹിക്കുന്നു ഗുണത്തെയും അപ്പൊ ദൃഷ്ടാന്തമായി സ്വകേന്ദ്രിയം സ്വകേന്ദ്രിയത്തിൽ ഹേതു വരുന്നോക്കുക എന്താണ് രൂപി ദ്രവ്യ ഗ്രാഹകേന്ദ്രിയത്വം എന്നാ രൂപി ദ്രവ്യമായ ഘടം അതിനെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയമായി തൊകേന്ദ്രിയ അതിൽ വന്ന് രൂപിദ്രവ്യ ഗ്രാഹകേന്ദ്രിയം ഇനി സാധ്യം വരുന്നുണ്ടോന്ന് നോക്കുക തൊകേന്ദ്രിയം കൊണ്ട് ഘടത്തെ ഗ്രഹിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടോ അപ്പോ ആലോകജന്യമായ പ്രത്യക്ഷമാണോ ആലോക അജന്യമായ രൂപിദ്രവ്യത്തിന്റെ പ്രത്യക്ഷം അതിന്റെ ജനകമായി എന്ത് തൊകേന്ദ്രിയം പത്വകിയത്വം എന്ത് വന്നു ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം വന്നു അധിഷ്ഠാന്തത്തിൽ വന്നു ഇനി പക്ഷത്തിൽ നോക്കുക ഏതു എന്താണ് രൂപദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയത്വം രൂപ സതി ഇന്ദ്രിയത്വം അങ്ങനെയാണ് ണ്ടോ ചക്ഷുരേന്ദ്രിയപ്പോ രൂപിദ്രവ്യ ഗ്രാഹക ഇന്ദ്രിയവിടെ വന്ന് ചക്ഷുരേന്ദ്രിയു അപ്പോ ഇവിടുത്തെ പക്ഷത്തിൽ ഹേതുണ്ട് ദൃഷ്ടാന്തത്തിൽ ഹേതു സാധ്യമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം പക്ഷത്തിൽ ഇപ്പൊ സന്ദിഗ്ധ സാധ്യവാനാണ് പക്ഷം പക്ഷെ ഇത്രയും ഒത്തു വന്നു കഴിഞ്ഞാൽ സാധ്യം അവിടെ സാധ്യം ഭരണം എങ്ങനെയാണെങ്കിൽ ഏത്തോവാസം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഏതോബാസത്തെ കാണിച്ചാൽ പോയി ഇതുവരെ ഏത്തോവാസം ഇല്ലാത്ത ഇനി നമുക്ക് ചക്ഷുഹു ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകമാണ് ആലോകജന്യമല്ലാത്ത രൂപിദ്രവ്യത്തിന്റെ പ്രത്യക്ഷം അതിന്റെ ജനകമാണോ ചിയം എന്ത് മനസിലായിരിക്കുന്നു ആലോകജന്യമല്ലാത്ത ഒരു പ്രത്യക്ഷം അതൊരു ദ്രവ്യത്തിന്റെ ജനകമാണോ ചക്ഷേന്ദ്രം ശ്രദ്ധിച്ചു ആണോ സത്യം പറഞ്ഞാണോ ആണോ സത്യം പറഞ്ഞാണോ അല്ലെ സത്യം പറഞ്ഞാണ് ഇതുവരെ പിന്നെ നിങ്ങൾ എന്താ കേട്ടോണ്ടിരുന്നത് ചക്ഷേന്ദ്രിയം സത്യത്തിൽ തമസിനാഗ്രഹിക്കുന്നുണ്ട് വെളിച്ചം കൊണ്ടാണോ ആണോകാജന്യമായ രൂപിദ്രവ്യത്തിന്റെ സാക്ഷാത്കാരമാണ് തമസിന്റെ പ്രത്യക്ഷം അതിന്റെ ജനകമാണ് ചേന്ദ്രിയം അതാണ് ഇതുവരെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് അനുമാനം നടത്തിയത് ഏ അത് നോക്കാം വരട്ടെ ചക്ഷേന്ദ്രിയം കൊണ്ട് തമസ് എന്ന് പറയുന്ന ദ്രവ്യം പ്രത്യക്ഷമാകുന്നു ഇതാണ് ഇതുദ്ധി പറഞ്ഞത് അതിന് വെളിച്ചത്തിന്റെ സഹായം വേണ്ട അജന്യമായ രൂപദ്രവ്യം ഏതായി തമസ് എന്താണ് അവിടുത്തെ രൂപം നീലരൂപം അപ്പൊ നീലരൂപമുള്ള ദ്രവ്യത്തിന്റെ സാക്ഷാത്കാരം പ്രത്യക്ഷമുണ്ടോ അതിന്റെ ജനകമാണോ അപ്പൊ സത്യത്തിൽ അദ്വൈതി പറഞ്ഞു തന്നെ സത്യം രൂപി ആലോക അജന്യ രൂപിദ്രുവീ സാക്ഷാത്കാര ജനകത്ത് ഇത്രയും ശരിയായെങ്കിൽ ഇനി ബാക്കി മുമ്പോട്ട് പോവാം ശരിയായോ ഇനി വരാൻ പോകുന്ന ഇതുക്കും മേലെയാണ് പിന്നെ അവിടെ അയ്യോ അയ്യോ എന്ന് വിളിക്കരുത് പറയുന്നു എന്നാ ഒരു പര ഇത് ഇന്ദ്രിയത്വ ഉപാധി എവിടെ ഉപാധി വരുന്നോ അവിടെ ഉപ്പ് വെള്ളം കുടിക്കും കുറെശ് അത് ഉപാധിയുടെ ഒരു സ്വഭാവമാണ് ഉപാധി മനസ്സിലാവുള്ള സാധ്യ വ്യാപകത്വസതി സാധന വ്യാപകം നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്റെ വെറുതെ സംശയങ്ങൾ ഞാൻ വെറുതെ സംശയിക്കുന്നു സംശയി നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല പർവ്വതോ ധൂമോൻ വന്നേഹി എത്രയെത്ര ധൂമ തത്ര വന്യഹി സാധ്യവ്യാപകത്വം എത്രയെത്ര വന്യഹി ആധുനേന്ദ്രൻ സമയവും എത്രയെത്ര വന്നി തത്ര ആധുനേന് സമയവും അത് പറയാൻ പറ്റില്ല എത്രയെത്ര ധൂമ തത്ര ആധുനസമയവും കാരണം ഈ അനുമാനത്തിൽ ധൂമത്തെ സാധ്യമാക്കി വന്യ ഹേതുവാക്കി അപ്പൊ എത്ര എത്ര ധൂമഹ അത്രയത്ര അർജുന സമയവും സാധ്യവ്യാപകത്വം എത്രയെത്രീ തത്രയത്ര മനസ്സിലാവും അപ്പൊ അവിടെ നമ്മളെന്താ പറയുന്നത് സാദ്ധ്യവ്യാപകത്വം ഉണ്ടെന്നാണ് ഇവിടെ നോക്കുക ഒരു ഉപാധി താർക്കികം പറയണ എന്നാ പിടിച്ചോ എന്റെ അനുമാനത്തിനൊരുപാധി അദ്വൈരി എന്തു ചെയ്യും കുത്തിയിരുന്ന് ചിന്തിക്കേണ്ടി വരും എന്താ ഇന്റെ ഉപാധിന്റെ പറിച്ചോ ഒരു ഉപാധി ഇനിയിപ്പൊ അദ്വൈതിക്ക് പണിയായി എന്ത് എന്താ പണി സാധ്യവ്യാപകത്വം സാധന വ്യാപകത്വം ഇതാണ് അടുത്ത പണി നോക്കുക എന്താണ് ഇവിടുത്തെ ഉപാധി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഏ രൂപ സിമ്പിൾ രൂപ രീത എന്തോ ഒരു ഉപാധി എങ്ങനെ എവിടെ പോയി കണ്ടുപിടിച്ചു എന്നൊന്നും ചോദിക്കരുത് പെട്ടെന്ന് തന്നെ ആർക്കിന്നെ ഒരു ഉപാധിയെങ്ങും ഒരു വരെയ്ത എന്തിരിത്തു ഇനി നമ്മുടെ ജോലിയാണെന്ത് സാധ്യവ്യാപകമാണോന്ന് നോക്കുക ഈ സാധ്യം തന്നെ വായിക്കൊള്ളാത്തൊരു സാധ്യമാണ് എന്താണ് ആലോക അജന്യ വ്യ സാക്ഷാത്കാര ജനകത്വം ഇതൊന്നും മനസ്സിലായി വരുമ്പം തന്നെ പിന്നെ സാധ്യവ്യാപകത്വം പോകും ഇതുവരെ മനസ്സിലാക്കി എല്ലാം പോകും എന്തായാലും തൽക്കാലം മനസ്സി അജന്യൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം ഈ പറഞ്ഞതിലുണ്ടോ എന്ന് നോക്കുക ഏതാണ് രൂപരഹിത ഇന്ദ്രിയത്വം ഉണ്ടോ ദ്യാത്വം വരണ്ടേ ഇവിടെ ഇപ്പോ ഈ സാധ്യത്തിനു വേണ്ടി ഒരു ദൃഷ്ടാന്തം പറഞ്ഞല്ലോ ഇതാണ് ത്വകേന്ദ്രിയം അതിനെടുക്കുക തുകേന്ദ്രിയെടുക്കുക അവിടെ രൂപരഹിത ഇന്ദ്രിയമാണോ അത്യം ത്വകേന്ദ്രിയം രൂപരഹിത ഇന്ദ്രിയമാണോ ആലോചിച്ച് പറയണം കക്ഷി താർക്കികനാണ് വൃതകയറി സൈഡൊന്നും പിടിക്കരുത് തുകേന്ദ്രിയം രൂപരഹിതേന്ദ്രിയാണ് എന്താ സംശയം ആണെന്ന് പറഞ്ഞ എന്തുകൊണ്ട് ഏഷ്യത്തിരിവ്യൂ അങ്ങനെ ഒരു ദ്രവ്യൂണ്ട എന്റെ ചോദ്യത്തിന് ഇത്തരം പറയുക തൊക ഇന്ദ്രിയം ത്രിയമാണ് നേരെ ഉത്തരം പറയുക ഏ എന്താണ് ഇത്രയൊന്നും ആലോചിക്കാൻ ഇതില് സംഗതി സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ പറയുന്നുകൊണ്ടെന്നൂടെ പറയേണ്ടി വരും ഏ കേട്ടില്ല ഏ യെസ് ബിക്കോസ് ഓഫ് വായു വായുരൂപരഹിതമാണ് വായുവിൽ നിന്ന് കാര്യമാണെന്ത്രിയം സദ്യവിധ നിത്യാനിത്യസ്ഥ നിത്യപരമാണുരൂപ ആനിത്യകാര്യരൂപ പുനഃസ്ഥ ശരീരേന്ദ്രിയ വിഷയ ഭേദ വായുവിന്റെ കാര്യമാണെന്ത് വായുവിന്റെ രൂപമുണ്ടോ ഇത്രയും സിമ്പിളായ കാര്യത്തിന് ഇത്രയും സമയം നിങ്ങൾ ചിന്തിച്ച് വെറുതെ കളഞ്ഞല്ലോ അപ്പൊ രൂപരഹിത ഇന്ദ്രിയത്വം എവിടെ വന്നു ഇനി എവിടെയുണ്ട് ശ്രോത്രേന്ദ്രിയം ആകാശത്തിന്റെ രൂപമുണ്ടോ അപ്പൊ ശ്രോത്ര ഇന്ദ്രിയത്തിനൊന്നുണ്ട് രൂപരഹിത ഇന്ദ്രിയത്വം ഉണ്ട് പിന്നെ രണ്ടെണ്ണം കിട്ടിയിരൂരെ ഇനി ഇത് നോക്കുക സാധ്യം ഇവിടുത്തെ സാധ്യം എന്ന് പറയുന്നത് ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകമാണ് എന്ന് നോക്കുക ആലോക അജന്യ ജനകത്വം ഉണ്ടോ ഇതിനെടുക്കുകയതിന് തൊകേന്ദ്രിയ ആലോക അജന്യ ദ്രവ്യ സാക്ഷാത്കാര ജനകത്വം ഉണ്ടോ ഏ ആലോക അജന്യമായ ഒരു വിദ്രവ്യത്തിന്റെ സാക്ഷാത്കാര ജനകത്വം ഉണ്ട് ഏതാണ് ഇവിടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിത ഇന്ദ്രിയത്വമാണ്ഹിതം ഇവിടെ സാധ്യവ്യാപത്വം എങ്ങനെ വരണം ആലോക അജന്യ രൂപദ്രവ്യ ജനകത്വം എത്ര എത്ര തത്ര രൂപരഹിത ഇന്ദ്രിയത്വം വരണം ഉണ്ടാ ആലോക അജന്യ രൂപിദ്രവ്യ ജനകത്വം അവിടെ രൂപരഹിതേന്ദ്രിയത്വം ഉണ്ടോ ഇന്ദ്രിയ രൂപരഹിതേന്ദ്രിയണോ അപ്പൊ ഇവിടെ സദ്യത്തിന്റെ വ്യാപകമായി ഏത് എത്ര എത്ര ധൂമഹ തന്നിഹി ന്നെ യുന്നു ആലോക അജന്യ രൂപദ്രവ്യ സാക്ഷാത്കാര ജനകത്വം എത്രയെത്രൂപരഹിതം അപ്പൊ ശ്രവണേന്ദ്രിയാപ്തി വരുമോ ആലോക അജന്യ സാക്ഷാത് അപ്പൊ അവിടെ വ്യാപ്തി ശരിയാവോ ശരിയാ അങ്ങനെ ശബ്ദഗ്രഹണത്തില് ശരിയോ ആലോചിച്ചു പറയണം ഞാൻ തുടങ്ങുമ്പോഴേ പറഞ്ഞത് കുറച്ച് അപകടമാണ് നിങ്ങൾ വളരെ നിസാരമെന്നുള്ള മട്ടിയിരുന്നു ഇപ്പൊ മനസ്സിലായോ കടത്ത് കിടത്ത് വരുന്നു ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം ആകാശത്തുണ്ടോ അപ്പോ രൂപ രഹിതേന്ദ്രിയാ അപ്പൊ വ്യാപ്തി ശരിയാവും ഉറപ്പിച്ചു പറയണം ഉണ്ടോ ആ കറക്റ്റ് യു ആർ റൈറ്റ് അവിടെ വ്യാപ്തിക്ക് തയ്യാറൊന്നുമില്ല എന്തുകൊണ്ട് എത്രയെത്ര വ്യാപ്യം അത്ര വ്യാപകം അതാണ് വ്യാപ്തി നമ്മൾ നോക്കേണ്ടത് വ്യാപ്യം ഉള്ളടത്ത് വ്യാപകം ഉണ്ടോന്നാണ് നോക്കേണ്ടത് അപ്പൊ രൂ ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം എത്ര എത്ര ആ സ്ഥലത്ത് എന്തു നോക്കണം രൂപ രീതി ഇന്ദ്രിയത്വം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി നിങ്ങൾ ആകാശത്ത് നോക്കാൻ പോകുന്ന എന്തിന് അവിടെ വ്യാപ്യമില്ല ഏത് ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വം ആകാശത്തിയില്ല അവിടെ പിന്നെ വ്യാപകം ഉണ്ടോന്ന് നോക്കണോ പർവ്വത വന്യുമാൻ ദുമാ എന്ന് പറയുന്നിടത്ത് നമ്മൾ വ്യാപ്തി നോക്കുന്ന എന്താണ് എവിടെ ധൂമം ഉണ്ടോ വ്യാപ്യം ഉണ്ടോ അവിടെ വ്യാപകം ഉണ്ടോന്നാണ് പിന്നെ ഈ വ്യാപ്യമില്ലാത്തടത്തും വ്യാപകം ഇരിക്കുന്നു ദോഷം വല്ലതും ഉണ്ടോ ധൂമില്ലാത്ത അയോ ഗോളകത്തിൽ അഗ്നിയിരിക്കുന്നു ദോഷമുണ്ടോ പർവ്വത വന്യുമാൻ ദുമാ എന്ന് പറയുന്ന ാപ്യമില്ലാത്തടത്തും വ്യാപകമായിരിക്കും അതുകൊണ്ട് ദോഷമില്ല ദോഷമൊന്നുമില്ല അസമ വ്യാപകമില്ലാത്തടത്ത് വ്യാപ്യം വരുന്നാൽ ദോഷമുണ്ട് അത് വ്യാപ്യമാകത്തില്ല ഭേതുവാകത്തില്ല ഇവിടെ ഇപ്പം എന്താണ് ഉപാധിന് സാധ്യ വ്യാപകത്വം നോക്കുമ്പോൾ സാധ്യം വ്യാപ്യവും ഉപാധി വ്യാപകവുമാണ് അല്ലേ അപ്പൊ എവിടെയാണോ ഈ സാധ്യം അതായത് വ്യാപ്യം ഇരിക്കുന്നത് അവിടെ വ്യാപകം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഈ പറയുന്ന ആലോക അജന്യ രൂപി ദ്രവ്യ സാക്ഷാത്കാര ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ ഏ തുകയത്തിൽ തുകേന്ദ്രിയാണ് തൊട്ടറിയുമ്പം വെളിച്ചം വേണ്ട ഇതിന് ചുരുക്കം തൊട്ടറിയാൻ വെളിച്ചം വേണ്ട അപ്പൊ സ്വകേന്ദ്രിയത്തിൽ നോക്കുമ്പം ആലോക അജന്യ രൂപിദ്രവ്യ സാക്ഷാത്കാര ജനകത്വമുണ്ട് അല്ലേ വ്യാപകമായെന്തുണ്ട് രൂപരഹിത ഇന്ദ്രിയത്വം ഉണ്ടപ്പോൾ സദ്യവ്യാപകത്വം വന്നു അല്ലേ സത്യം വ്യാപകത്വം വന്നല്ലോ അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് രൂപദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് രൂപത് ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് രൂപരഹിത ഇന്ദ്രിയങ്ങൾ എങ്ങനെ വ്യാപ്യം വരുന്നു എങ്ങനെ വ്യാപകം വരുന്നു ഇനി സാധ്യവ്യാപകത്വം എന്നാണ് പറയുന്നത് അപ്പോൾ സാധ്യവ്യാപകത്വം വരണമെങ്കിൽ സാധ്യത്തിൻ്റെ വ്യാപകത്വത്തിന് വേണ്ടി അന്യവ്യാപ്തിയും നോക്കണം എതിരേ വ്യാപ്തി നോക്കണം ഏതുപോലെ നമ്മളിപ്പോൾ ധൂമവാൻ വന്യേഹേ എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ധൂമത്തിന് വ്യാപകമാണ് ആ ദയോഗം ധൂമത്തിന്റെ അത് വ്യാപകമാകണമെങ്കിൽ അന്യവ്യാപ്തി മാത്രം പോരാ എതിരേ വ്യാപ്തി നോക്കണം എങ്ങനെ എത്രയെത്ര ധുമത്ര ആ ദയോഗ തിരിച്ചു നോക്കണം അത് നോക്കണം അങ്ങനെ ആ രണ്ട് വ്യാപ്തിയും വരണമെന്നുണ്ടെങ്കിൽ എന്തുവേണം ഇത്രയും മനസ്സിലിരിക്കേണ്ട കാര്യങ്ങൾ എന്തെയാണ് ആദ്യം ഈ ഉപാധിക്ക് അന്യവ്യാപ്തി വരുമ്പോ എന്ന് വെച്ചാൽ അന്യവ്യാപ്തി എങ്ങനെ പറയുന്നു എത്ര എത്ര ധൂമഹ അത്രയത്ര വ്യാപ്തി ഉപാധിയിലെ വ്യാപ്തി ആ വ്യാപ്തി പറയുമ്പം ആ അന്യവ്യാപ്തിയിൽ ഇനി ഉപാധി വരാൻ പാടില്ല എന്നാ വ്യാപ്തി പോവും ഇവിടെയാണോ ഉപാധിയില് ഒരു വ്യാപ്തിയിൽ ഉപാധി വന്ന വ്യഭിചാരദോഷമുണ്ട് ഈ സ്ഥലം തന്നെ നോക്കുക പർവ്വതം അപ്പൊ നമ്മൾ പറയുന്നു അങ്ങനെ എത്രയെത്രൂമഹ തർദ്ദന സംയോഹ എന്നെ പറയുന്നു അത് ശരിയായി പക്ഷെ എത്രയെത്ര വന്യ തർദ്ദന സംയോഹാന്ന് പറയാൻ പറ്റില്ല അതിന്റെ താല്പര്യം വ്യാപ്യത്തിന്റെ വ്യഭിചാരിയാണ് ഉപാധി മനസിലായോ വ്യാപ്യമായ അനുമാനത്തില് വ്യാപ്യമായ ഉപാധി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യാപ്യം സാധ്യത്തിന്റെയും വ്യഭിചാരിയാകും കുടികിട്ടിയത്ര എത്ര വന്യ തർജന്റീന സമീപം പറയാൻ പറ്റില്ല അതിന്റെ അർത്ഥം എന്താണ് വ്യാപ്യമായ വന്യയുടെ വ്യവിചാ വ്യാപ്യമായ വന്യ ആദരേന സമീപത്തിന്റെ വ്യഭിചാരിയാണ് അവിടെ അനുമാനത്തിൽ ഈ വന്യ വ്യാപ്യമായിരിക്കും വ്യാപകം എന്താണ് ധൂമം വന്യ കൊണ്ട് ധൂമത്തെ സിദ്ധിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ ഉപാധിയുടെ വ്യഭിചാരിയാണ് ഹേതുവെങ്കിൽ ആ ഹേതു സാധ്യത്തിന്റെ വ്യഭിചാരിയായിരിക്കും മനസ്സിലായ ആ ഹേതുവിൽ വ്യഭിചാരി ദോഷം വരും കുടിയുട്ടിയോ ഇല്ല ഞാൻ എന്തോ പറഞ്ഞെന്ന് കേട്ടല്ലോ ഇതിനെക്കൂടി ചിന്തിച്ചിട്ട് അടുത്ത ദിവസം വരിക എന്നാലും ഈ ബാക്കി പറയുന്നത് മനസ്സിലാവാത്തു